അങ്ങനെ അവളുടെ രക്ഷിതാവ് അവളെ ഉത്തമമായി സ്വീകരിക്കുകയും ഉത്തമമായ രീതിയിൽ വളർത്തുകയും ചെയ്തു ഖക്കിരിയ അലഹിസ്ലാമിനെയാണ് അവളുടെ സംരക്ഷണ ചുമതലയേൽപ്പിച്ചത് ഖക്കിരിയ അലഹിസ്ലാം അവളുടെ ആരാധനാമുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം അവിടെ ചില ഭക്ഷണസാധനങ്ങൾ കാണുമായിരുന്നു അദ്ദേഹം ചോദിച്ചു മറിയമേ നിനക്കിതെവിടെ നിന്ന് ലഭിച്ചു അവൾ പറഞ്ഞു അത് അള്ളാഹുസുബഹാനഹുവറ്റ ആലയുടെ പക്കൽ നിന്നുള്ളതാണ് തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവറ്റ ആല താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു